അഞ്ചാമത്തെ ദൂതൻ അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തുനിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു അവന് അഗാധ പൂപത്തിന്റെ താക്കോൽ ലഭിച്ചു അവൻ അഗാധപൂപം തുറന്നു ഉടനെ പെരും ജൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി പുകയിൽ നിന്ന് വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പക്ഷയായ ഒന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്നതിന് കൽപ്പനയുണ്ടായി അവരെ കൊല്ലുവാനല്ല അഞ്ചു മാസം ബന്ധിപ്പിക്കാൻ അതിനധികാരം ലഭിച്ചത് അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ ആ കാലത്ത് മനുഷ്യർ മരണമന്വേഷിക്കും കാൻകയില്ല താനും മരിപ്പാൻ കൊതിക്കും മരണം അവരെ വിട്ട് ഓടിപ്പോകും വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്കു സമം തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മാനുഷമുഖം പോലെയും ആയിരുന്നു സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട് പല്ല് സിംഹത്തിന്റെ പല്ലുപോലെ ആയിരുന്നു ഇരുമ്പ് കവചം പോലെ കവചമുണ്ട് ചിറകിന്റെ ഒച്ച പടച്ചൂടുന്ന അനേകം കുതിരപ്പേരുകളുടെ ഒച്ച പോലെ ആയിരുന്നു പേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട് മനുഷ്യരെ അഞ്ചു മാസം ഉപദ്രവിക്കാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു അഗാധദൂതൻ അതിന് രാജാവായിരുന്നു അവന് യബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവനഭാഷയിൽ അപൊല്ലോൻ എന്നും പേർ കഷ്ടം ഒന്നുകഴിഞ്ഞു ഇനി കഷ്ടം പിന്നാലെ വരുന്നു ആറാമത്തെ ദൂതൻ ഊതി അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ പീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട് യുഫ്രത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്നയാണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിട്ടു കുതിരപ്പടയുടെ സംഖ്യ പതിനായിരം മടങ്ങ് ഇരുപതിനായിരം എന്ന് ഞാൻ കേട്ടു ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധക വർണവുമായ കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു വായിൽ നിന്ന് പുറപ്പെടുന്ന തീ പുക ഗന്ധകം എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു വാലോ സർപ്പത്തെപ്പോലെയും തലയുള്ളതുമായിരുന്നു ഇതയാൽ അത്ര കേടുവരുത്തുന്നത് ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാൺമാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന് വെള്ളി ചെമ്പ് കല്ല് മര ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാത്തവണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല തങ്ങളുടെ കൊലപാതകം ക്ഷുദ്രം ദുർനടപ്പ് മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല